യൂണിറ്റ് നഗരത്തിൽ എന്താ മാലിന്യക്ക് മുറിയൊക്കെ പിടിച്ചോ ഈ ഹോട്ടൽ ഗംഭീരമായിരിക്കുന്നില്ലേ ഇത്ര ഉഗ്രനൊരു മുറി മാല കണ്ടിട്ടുണ്ടോ വലിപ്പത്തിന്റെ കാര്യമാണേൽ ഞാൻ ഇതിലും വലിയ മുറികൾ എത്രയോ എണ്ണം കണ്ടിരിക്കുന്നു മണ്ടിപ്പെണ് വലിപ്പത്തിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് സൗകര്യങ്ങളാണ് അങ്ങനെയാണേൽ ശരിയാ പക്ഷേ ഒരു കാര്യം ധാരാളം ഹോട്ടലുകളിൽ താമസിച്ചിട്ടുള്ളവർക്കല്ലേ ഇതിനെപ്പറ്റിയൊക്കെ ഒരു അഭിപ്രായം പറയാൻ പറ്റൂ ഇതാദ്യമായിട്ടാണ് ഞാൻ ഇത്ര വലിയൊരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത് ഹാ അതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചനക്ഷത്ര ഹോട്ടൽ തന്നെ തിരഞ്ഞെടുത്തത് ഹോട്ടലൊക്കെ കേമമായിട്ടുണ്ട് പക്ഷേ വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഇത്തരം ഹോട്ടലുകളുടെ അന്തരീക്ഷമേ ഇഷ്ടമില്ല ഈ ചാനൽ മ്യൂസിക്കും എയർ കണ്ടീഷനിങ്ങും വെൽവെറ്റ് കാർപ്പറ്റും കടലാസു പൂക്കളും യോഗാഭ്യാസ പരിശീലകരുംകിമാരും ഒക്കെ എന്നിൽ ഒരു അറപ്പും മടുപ്പുമാണ് ഉണ്ടാക്കുന്നത് ജനിച്ച നാട്ടിന്റെ നാലതിര് കടന്നിട്ടില്ലാത്തത് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് സംസാരിക്കുന്നത് എം എ പാസായി എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിന്റെ സംസ്കാരം കളഞ്ഞു കുളിക്കണം ോറുംടക്കണം ഇത്രയൊക്കെ ആവേശം വേണോ മാലു ഹോട്ടലിൽ താമസിച്ചാൽ സംസ്കാരം നഷ്ടപ്പെടുമോ പോട്ടെ ഞാൻ ഒരു കാര്യം പറയാം മാലു എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെപ്പറ്റി സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്റെ ഭാവനയ്ക്ക് പോലും ഇത്ര ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടായിരിക്കാം നമ്മുടെ മതവിധവും ഈ വലിയ നഗരത്തിൽ തന്നെയാകട്ടെ എന്ന് ഞാൻ നിശ്ചയിച്ചത് എന്നാണ് ഞാൻ കരുതിയിരുന്നത് വേണുചേട്ടൻ ഉള്ളപ്പോൾ എനിക്ക് ഒരിടത്തും ഒരിഷ്ടക്കേടുമില്ല പക്ഷേ നമ്മുടെ നാട്ടിലെ പഞ്ചാരമണൽ കടപ്പുറവും ആ കായലുകളും പച്ചവയലുകളും അമ്പലങ്ങളും ഒക്കെയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് മാലു ഒരു കവയത്രിയാണെന്നു ഞാൻ അറിഞ്ഞിരുന്നേലോ നമ്മുടെ നാട്ടിന്റെ സൗന്ദര്യത്തെ പറ്റി വാക്ക് പറഞ്ഞാൽ അത് കവിതയാകുമോ അപ്പോൾ ചേട്ടൻ പുകഴ്ത്താൻ മാത്രം അറിയാവുന്ന ഒരു വിമർശകനാണല്ലോ ഞങ്ങളുടെ ഇഞ്ചിനീയറിംഗ് കോളേജിൽ ഇതിനെപ്പറ്റി ഒന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല സാഹിത്യ വിദ്യാർത്ഥികൾ ഇതൊക്കെ പഠിച്ചു പാസ്സായിരിക്കും അത് ശരിയാ പൊളിയുന്ന പാലം പണിയിക്കാനും കൈക്കൂലി വാങ്ങാനും പഠിപ്പിച്ചു തന്നിരിക്കുമല്ലോ എഞ്ചിനീയറിംഗ് കോളേജുകാരുടെ പാഠ്യപദ്ധതിയെപ്പറ്റി ശ്രീമതിക്ക് നല്ല അറിവാണല്ലോ അതിനെപ്പറ്റി അറിഞ്ഞില്ലേലും ു ഡി എഞ്ചിനീയർമാരെ അറിയാം ധാരാളം കേട്ടിട്ടുണ്ട് ശരി ശരി ലോകപരിചയം വളരെ ഉണ്ടല്ലോ എനിക്കതിൽ സന്തോഷമേ ഉള്ളു ചർച്ചയൊക്കെ ഇനി പിന്നെ വേഗം ഒന്ന് ഒരുങ്ങിയിറങ്ങൂ നമുക്ക് ഈ നഗരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാം പിന്നെ ശ്വാസം മുട്ടിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്നും പുറത്തേക്കും Listen and repeat. എന്താ മാലിനിക്ക് മുറിയൊക്കെ പിടിച്ചോ എന്താ മാലിനിക്ക് മുറിയൊക്കെ പിടിച്ചോ ഈ ംഭീരമായിരിക്കുന്നില്ലേ ഇത്ര ഉഗ്രനൊരു മുറി മാണ്ടിട്ടുണ്ടോ ഇത്ര ഉഗ്രനൊരു മുറി മാല് കണ്ടിട്ടുണ്ടോ വലിപ്പത്തിന്റെ കാര്യമാണേൽ വലിപ്പത്തിന്റെ കാര്യമാണേൽ ഞാൻ ഇതിലും വലിയ മുറികൾ എത്രയോ എണ്ണം കണ്ടിരിക്കുന്നു ഞാൻ ഇതിലും വലിയ മുറികൾ എത്രയോ എണ്ണം കണ്ടിരിക്കുന്നു മണ്ടിപ്പന്നെ വലിപ്പത്തിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് മണ്ടിപ്പെണ്ണി വലിപ്പത്തിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് സൗകര്യങ്ങളാണ് സൗകര്യങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ശരിയാ അങ്ങനെയാണെങ്കിൽ ശരിയാ പക്ഷെ ഒരു കാര്യം പക്ഷേ ഒരു കാര്യം ധാരാളം ഹോട്ടലുകളിൽ താമസിച്ചിട്ടുള്ളവർക്കല്ലേ ധാരാളം ഹോട്ടലുകളിൽ താമസിച്ചിട്ടുള്ളവർക്കല്ലേ ഇതിനെ പറ്റിയൊക്കെ ഒരഭിപ്രായം പറയാൻ പറ്റൂ െ പറ്റിയൊക്കെ ഒരു അഭിപ്രായം പറയാൻ പറ്റൂ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര വലിയ ഒരു ഹോട്ടലിൽ ഇതാദ്യമായിട്ടാണ് ഞാൻ ഇത്ര വലിയ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകുന്നത് താമസിക്കാൻ പോകുന്നത് ഞാൻ ഈ പഞ്ച നക്ഷത്ര ഹോട്ടൽ തന്നെ തിരഞ്ഞെടുത്തതും അതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ച നക്ഷത്ര ഹോട്ടൽ തന്നെ തിരഞ്ഞെടുത്തത് ഹോട്ടലൊക്കെ കേമമായിട്ടുണ്ട് ഹോട്ടലൊക്കെ കേമതായിട്ടുണ്ട് പക്ഷെ വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഇത്തരം ഹോട്ടലുകളുടെ അന്തരീക്ഷമേ ഇഷ്ടമില്ല പക്ഷെ വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഇത്തരം ഹോട്ടലുകളുടെ അന്തരീക്ഷമേ ഇഷ്ടമില്ല ഈ ചാനൽ മ്യൂസിക്കും എയർ കണ്ടീഷനിങ്ങും ഈ ചാനൽ മ്യൂസിക്കും എയർ കണ്ടീഷനിങ്ങും വെൽവെറ്റ് കാർപറ്റും കടലാസ് പൂക്കളും വെൽവെറ്റ് കാർപറ്റും കടലാസ് പൂക്കളും യോഗാഭ്യാസ പരിശീലകരും ക്യാബറേ നർത്തകിമാരുമൊക്കെ യോഗാഭ്യാസ പരിശീലകരും ക്യാബറേ നർത്തകിമാരുമൊക്കെ എന്നിലൊരു അറപ്പും അടുപ്പുമാണ് ഉണ്ടാക്കുന്നത് എന്നിൽ ഒരു അറപ്പുംടുപ്പുമാണ് ഉണ്ടാക്കുന്നത് ജനിച്ച നാട്ടിന്റെ നാലതിര് കടന്നിട്ടില്ലാത്തത് കൊണ്ടാണ് ജനിച്ച നാട്ടിന്റെ നാലതിര് കടന്നിട്ടില്ലാത്തത് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നിനക്കിങ്ങനെയൊക്കെ തോന്നുന്നത് എം എ വാസായിട്ടും എം എ വാസായിട്ടും നീയൊരു നാട്ടിൻ പുറത്തുകാരി പെണ്ണിനെ പോലെയാണല്ലോ സംസാരിക്കുന്നത് നീ നാട്ടിൻ പുറത്തുകാരി പെണ്ണെ പോലെയാണല്ലോ സംസാരിക്കുന്നത് എം എ പാസ് ആയി എന്ന് പറഞ്ഞ് എം എ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിന്റെ സംസ്കാരം കളഞ്ഞു കുളിക്കണോ നമ്മുടെ നാട്ടിന്റെ സംസ്കാരം കളഞ്ഞു കുളിക്കണോ ഹോട്ടലുകൾ തോറും തെണ്ടി നടക്കണം ഹോട്ടലുകൾ തോറും തെണ്ടി നടക്കണോ ഇത്രയൊക്കെ ആവേശം വേണോ മാലു ഇത്രയൊക്കെ ആവേശം വേണോ മാലു ഹോട്ടലിൽ താമസിച്ചാൽ സംസ്കാരം നഷ്ടപ്പെടുമോ ഹോട്ടലിൽ താമസിച്ചാൽ സംസ്കാരം നഷ്ടപ്പെടുമോ പോട്ടെ ഞാനൊരു കാര്യം പറയാം കോട്ടെ ഞാനൊരു കാര്യം പറയാം മാലു എന്റെ കുട്ടിക്കാലത്ത് മാലു എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെ പറ്റി ഞാൻ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെ പറ്റി സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്റെ ഭാവനയ്ക്ക് പോലും എന്റെ ഭാവനയ്ക്ക് പോലും ഇത്ര ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇത്ര ദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടായിരിക്കാം നമ്മുടെ മധുവിധവും അതുകൊണ്ടായിരിക്കാം നമ്മുടെ മധുവിധവും ഈ വലിയ നഗരത്തിൽ തന്നെയാകട്ടെ ീ വലിയ നഗരത്തിൽ തന്നെയാകട്ടെ എന്ന് ഞാൻ നിശ്ചയിച്ചതും എന്ന് ഞാൻ നിശ്ചയിച്ചതും നീയും ഈ സ്ഥലം ഇഷ്ടപ്പെടും നീയും ഈ സ്ഥലം ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാണ് ഞാൻ കരുതിയിരുന്നത് വേണുചേട്ടനുള്ളപ്പോൾ എനിക്ക് ഒരിടത്തും ഒരിഷ്ടക്കേടുമില്ല വേണുചാട്ടൻ ഉള്ളപ്പോൾ എനിക്ക് ഒരിടത്തും ഒരിഷ്ടക്കേടുമില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ പഞ്ചാര മണൽ കടപ്പുറവും പക്ഷെ നമ്മുടെ നാട്ടിലെ പഞ്ചാര മണൽ കടപ്പുറവും ആ കായലുകളും കായലുകളും പച്ച വയലുകളും അമ്പലങ്ങളും ഒക്കെയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് അമ്പലങ്ങളും ഒക്കെയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ബാലു ഒരു കവയത്രിയാണെന്ന് മാലു ണെന്ന് ഞാൻ അറിഞ്ഞിരുന്നേയില്ലല്ലോ ഞാൻ അറിഞ്ഞിരുന്നേയില്ലല്ലോ നമ്മുടെ നാട്ടിന്റെ സൗന്ദര്യത്തെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞാൽ നമ്മുടെ നാട്ടിന്റെ സൗന്ദര്യത്തെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞാൽ അത് കവിതയാകുമോ അത് കവിതയാകുമോ അപ്പോൾ ചേട്ടൻ പുകഴ്ത്താൻ മാത്രം അറിയാവുന്ന ഒരു വിമർശകനാണല്ലോ അപ്പോൾ ചേട്ടൻ പുകഴ്ത്താൻ മാത്രം അറിയാവുന്ന ഒരു വിമർശകനാണല്ലോ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇതിനെ പറ്റിയൊന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ഇതിനെ പറ്റിയൊന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല മാലുനെ പോലെയുള്ള സാഹിത്യ വിദ്യാർത്ഥികൾ ഇതൊക്കെ പഠിച്ചു പാസ്സായിരിക്കും വിദ്യാര്ഥികൾ ഇതൊക്കെ പഠിച്ചു പാസ്സായിരിക്കും അത് ശരിയാ അത് ശരിയാ പൊളിയുന്ന പാലം പണിയിക്കാനും കൈക്കൂലി വാങ്ങാനുമെങ്കിലും പൊളിയുന്ന പാലം പണിയിക്കാനും കൈക്കൂലി വാങ്ങാനുമെങ്കിലും പഠിപ്പിച്ചു തന്നിരിക്കുമല്ലോ പഠിപ്പിച്ചു തന്നിരിക്കുമല്ലോ എഞ്ചിനീയറിംഗ് കോളേജുകാരുടെ പാഠ്യപദ്ധതിയെപ്പറ്റി എഞ്ചിനീയറിംഗ് കോളേജുകാരുടെ പാഠ്യപദ്ധതിയെ പറ്റി ശ്രീമതിക്ക് നല്ല അറിവാണല്ലോ ശ്രീമതിക്ക് നല്ല അറിവാണല്ലോ അതിനെപ്പറ്റി അറിഞ്ഞില്ലേലും അതിനെപ്പറ്റി അറിഞ്ഞില്ലെങ്കിലും പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരെ പറ്റി നന്നായി അറിയാം പി ഡബ്ല്യു നന്നായി അറിയാം ധാരാളം കേട്ടിട്ടുണ്ട് ധാരാളം കേട്ടിട്ടുണ്ട് ശരി ശരി ലോകപരിചയം വളരെ ഉണ്ടല്ലോ ശരി ശരി ലോകപരിചയം വളരെ ഉണ്ടല്ലോ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എനിക്കതിൽ സന്തോഷമേയുള്ളൂ ചർച്ചയൊക്കെ ഇനി പിന്നെ ആകാം ചർച്ചയൊക്കെ ഇനി പിന്നെ ആകാം വേഗമൊന്നും ഒരുങ്ങിയിറങ്ങൂ വേഗമൊന്ന് ഒരുങ്ങിയിറങ്ങും നമുക്കീ നഗരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാം നമുക്കീ നഗരമൊക്കെ ഒന്ന് ചുറ്റിക്കാണാം നിന്നെ ശ്വാസം വിട്ടിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്നും നിന്നെ ശ്വാസം മുട്ടിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ നിന്നും പുറത്തേക്ക് പോകാം പുറത്തേക്ക് പോകാം ഡ്രിൽ റെപ്പറ്റേഷൻ ഡ്രിൽ നിങ്ങളെപ്പോലെ എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു നിങ്ങളെപ്പോലെ എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു നിങ്ങളെപ്പോലെ എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ പോലെ എത്രയോ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹവും അറിഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹവും അറിഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹവും അറിഞ്ഞിട്ടുണ്ട് ീ കാര്യങ്ങളെല്ലാം അദ്ദേഹവും അറിഞ്ഞിട്ടുണ്ട് അവർ തമ്മിൽ പലപ്പോഴും വഴക്ക് കൂടിയിരിക്കുന്നു അവർ തമ്മിൽ പലപ്പോഴും വഴക്ക് അവർ തമ്മിൽ പലപ്പോഴും വഴക്ക് അവർ തമ്മിൽ പലപ്പോഴും വഴക്ക് കൂടിയിട്ടുണ്ട് നിങ്ങൾ കന്യാകുമാരിയിൽ പോയിരുന്നോ നിങ്ങൾ കന്യാകുമാരിയിൽ പോയിരുന്നോ നിങ്ങൾ കന്യാകുമാരിയിൽ പോയിട്ടുണ്ടായിരുന്നോ നിങ്ങൾ കന്യാകുമാരിയിൽ പോയിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ പണ്ടൊരിക്കൽ ആ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പണ്ടൊരിക്കൽ ആ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവർ വലിയ കൂട്ടുകാർ ആയി തീർന്നിരുന്നു കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവർ വലിയ കൂട്ടുകാർ തീർന്നിരുന്നു കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവർ വലിയ കൂട്ടുകാർ തീർന്നിട്ടുണ്ടായിരുന്നു കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ അവർ വലിയ കൂട്ടുകാർ ആയിത്തീർന്നിട്ടുണ്ടായിരുന്നു പല സിനിമാ താരങ്ങളും ഇവിടെ താമസിച്ചിരിക്കും പല സിനിമാ താരങ്ങളും ഇവിടെ താമസിച്ചിരിക്കും പല സിനിമാ താരങ്ങളും ഇവിടെ താമസിച്ചിട്ടുണ്ടായിരിക്കും പല സിനിമാ താരങ്ങളും ഇവിടെ താമസിച്ചിട്ടുണ്ടായിരിക്കും അവരൊക്കെ യോഗാഭ്യാസം പരിശീലിക്കാൻ പോയിരിക്കും അവരൊക്കെ യോഗാഭ്യാസം പരിശീലിക്കാൻ പോയിരിക്കും അവരൊക്കെ യോഗാഭ്യാസം പരിശീലിക്കാൻ പോയിട്ടുണ്ടായിരിക്കും അവരൊക്കെ യോഗാഭ്യാസം പരിശീലിക്കാൻ പോയിട്ടുണ്ടായിരിക്കും നാളെ ഈ സമയം ഞാൻ എന്റെ വീട്ടിൽ ഞാൻ എന്റെ വീട്ടിൽ എത്തിയിരിക്കും നാളെ ഈ സമയം ഞാൻ എന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരിക്കും നാളെ ഈ സമയം ഞാൻ എന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരിക്കും എക്സ്പാൻഷൻ ജോസഫ് വീഴ്ത്തിയിരിക്കുന്നു അദ്ദേഹത്തിനെ ജോസഫ് അദ്ദേഹത്തിനെ വീഴ്ത്തിയിരിക്കുന്നു ജോസഫ് അദ്ദേഹത്തിനെ വീണ്ടും വീഴ്ത്തിയിരിക്കുന്നു വലയിൽ ജോസഫ് അദ്ദേഹത്തിന് വീണ്ടും തന്റെ വലയിൽ വീഴ്ത്തിയിരിക്കുന്നു നൗ ഫോളോ ദ മോഡൽ പത്ത് വർഷങ്ങൾക്ക് മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ പത്തു വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പത്തു വർഷങ്ങൾക്ക് മുൻപ് ക്യാബറേ നൃത്തം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബോംബെയിൽ വെച്ച് പത്തു വർഷങ്ങൾക്ക് മുൻപ് ബോംബെയിൽ വെച്ച് ക്യാബറേ നൃത്തം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യം പറഞ്ഞിരിക്കും ഞാനും പല പ്രാവശ്യം ഞാനും പറഞ്ഞിരിക്കും പല പ്രാവശ്യം ഞാനും അദ്ദേഹത്തിനോട് പറഞ്ഞിരിക്കും നിന്നെ പറ്റി പല പ്രാവശ്യം ഞാനും അദ്ദേഹത്തിനോട് നിന്നെ പറ്റി പറഞ്ഞിരിക്കും ചില കാര്യങ്ങൾ പല പ്രാവശ്യം ഞാനും അദ്ദേഹത്തിനോട് നിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കും കുട്ടിക്കാലത്ത് കളിച്ചു കഴിഞ്ഞിരുന്നു ഓണക്കാലം ആകുമ്പോൾ കുട്ടിക്കാലത്ത് ഓണക്കാലമാകുമ്പോൾ കളിച്ചു കഴിഞ്ഞിരുന്നു ഞങ്ങൾ കുട്ടിക്കാലത്ത് ഓണക്കാലമാകുമ്പോൾ ഞങ്ങൾ കളിച്ചു കഴിഞ്ഞിരുന്നു അമ്മാവിന്റെ വീട്ടിൽ പോയി കുട്ടിക്കാലത്ത് ഓണക്കാലമാകുമ്പോൾ ഞങ്ങൾ അമ്മാവന്റെ വീട്ടിൽ പോയി കളിച്ചു കഴിഞ്ഞിരുന്നു ഇരുട്ടുന്നത് വരെ കുട്ടിക്കാലത്ത് ഓണക്കാലമാകുമ്പോൾ ഞങ്ങൾ അമ്മാവന്റെ വീട്ടിൽ പോയി ഇരുട്ടുന്നത് വരെ കളിച്ചു കഴിഞ്ഞിരുന്നു ഈ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും വളർന്നു ഈ കുട്ടികളൊക്കെ വളർന്നു വലുതായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കാണുന്നതിന് ഈ കുട്ടികളൊക്കെ കാണുന്നതിനിടയിൽ വളർന്നു വരുതായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ കുട്ടികളൊക്കെ നാട്ടിൽ വന്ന് കാണുന്നതിനിടയിൽ വളർന്നു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അടുത്ത പ്രാവശ്യം ഈ കുട്ടികളൊക്കെ അടുത്ത പ്രാവശ്യം നാട്ടിൽ വന്ന് കാണുന്നതിനിടയിൽ വളർന്നു വരുതായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഈ കുട്ടികളൊക്കെ ഞാൻ അടുത്ത പ്രാവശ്യം നാട്ടിൽ വന്ന് കാണുന്നതിനിടയിൽ വളർന്നു വരതായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ിൽ മോഡൽ വൺ അവർ വന്നിട്ടുണ്ട് അവർ വന്നിരിക്കുന്നു നൗ ഫോളോ ദ മോഡൽ ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിരിക്കുന്നു നമ്മുടെ വീട്ടുകാരും പല അങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടുകാരും പല പ്രാവശ്യം അങ്ങനെ ചെയ്തിരിക്കുന്നു ഞാൻ ആ കഥ വായിച്ചിട്ടുണ്ട് ഞാൻ ആ കഥ വായിച്ചിരിക്കുന്നു എന്റെ മോനും പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് എന്റെ മോനം പ്രധാനമന്ത്രിയെ കണ്ടിരിക്കുന്നു ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് ഇറച്ചിക്കറി കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ഹോട്ടലിൽ നിന്ന് ഇറച്ചിക്കറി കഴിച്ചിരിക്കുന്നു മോഡൽ ടു വേനൽക്കാലത്ത് കന്യാകുമാരിയിൽ താമസിച്ചിരുന്നു വേനൽക്കാലത്ത് കന്യാകുമാരിയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു ോ ദോഡൽ നെഹ്റു ജയിലിൽ വെച്ചും പുസ്തകം എഴുതിയിരുന്നു നെഹ്റു ജയിലിൽ വെച്ചും പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു അയാൾ റേഡിയോ പ്രസംഗവും നടത്തിയിരുന്നു വും നടത്തിയിട്ടുണ്ടായിരുന്നു പണ്ട് അദ്ദേഹം ഒരു അമേരിക്കൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു പണ്ട് അദ്ദേഹം ഒരു അമേരിക്കൻ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ എൻറെ കൂട്ടുകാരൻറെ അച്ഛനും പങ്കെടുത്തിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ എന്റെ കൂട്ടുകാരൻറെ അച്ഛനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മോഡൽ ത്രീ മറ്റന്നാൾ ഈ സമയം ഞാൻ അവിടെ എത്തിയിരിക്കും മറ്റന്നാൾ ഈ സമയം ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും ോ ദ മോഡൽ ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണത്തെ പറ്റി നിങ്ങളും കേട്ടിരിക്കും ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണത്തെ പറ്റി നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ കുറ്റം നമ്മളും ചെയ്തിരിക്കും ഇങ്ങനത്തെ കുറ്റം നമ്മളും ചെയ്തിട്ടുണ്ടായിരിക്കും പത്തു വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ മാറിയിരിക്കും പത്തു വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ടായിരിക്കും നമ്മൾ എത്തുമ്പോഴേക്കും ട്രെയിൻ പ്ലാറ്റ്ഫോം വിട്ടിരിക്കും െത്തുമ്പോഴേക്കും ട്രെയിൻ പ്ലാറ്റ്ഫോം വിറ്റിട്ടുണ്ടായിരിക്കും മോഡൽ ഫോർ ഞാൻ താജ്മഹൽ അന്നേ കണ്ടിട്ടുണ്ട് ഞാനാണ് താജ്മഹൽ അന്നേ കണ്ടിട്ടുള്ളത് ഞാൻ താജ്മഹൽ ആണ് കണ്ടിട്ടുള്ളത് നൗ ഫോളോ ദോഡൽ രാധ ഒരു കഥ എഴുതിയിട്ടുണ്ട് രാധയാണ് ഒരു കഥ എഴുതിയിട്ടുള്ളത് രാധ ഒരു കഥയാണ് എഴുതിയിട്ടുള്ളത് വേണു രാധയെ സ്നേഹിച്ചിരുന്നു വേണു രാധയെയാണ് സ്നേഹിച്ചിരുന്നത് വേണു ആണ് രാധയെ സ്നേഹിച്ചിരുന്നത് ലളിതക്ക് പാട്ടിന് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുണ്ട് ലളിതയ്ക്കാണ് പാട്ടിന് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ളത് ലളിതയ്ക്ക് പാട്ടിനാണ് ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ളത് ഭാർഗവി പശുവിനെ ഭാർഗവിയാണ് പശുവിനെ വളർത്തിയിട്ടുള്ളത് ഭാർഗവി പശുവിനെയാണ് വളർത്തിയിട്ടുള്ളത് ഡ്രിൽ മോഡൽ വൺ അവർ ആ വീട് ഉപേക്ഷിച്ചിരിക്കുന്നു അവർ ആ വീട് ഉപേക്ഷിച്ചിരിക്കുന്നില്ല നൗ ഫോളോ ദോഡൽ പലരും അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞിരിക്കുന്നു പലരും അതിനെ പറ്റി അഭിപ്രായം പറഞ്ഞിരിക്കുന്നില്ല അത്ര നല്ല പേന കണ്ടിരിക്കുന്നു അത്ര നല്ല പേന കണ്ടിരിക്കുന്നില്ല സ്വന്തം പേരും അവിടെ എഴുതി വെച്ചിരിക്കുന്നു സ്വന്തം പേരും അവിടെ എഴുതി വച്ചിരിക്കുന്നില്ല സമുദ്രത്തിൽ ഇറങ്ങി കുളിച്ചിരിക്കുന്നു സമുദ്രത്തിലിറങ്ങി കുളിച്ചിരിക്കുന്നില്ല മോഡൽ ടു ഞാൻ ആ കാര്യത്തെ പറ്റി ഓർമ്മിച്ചിട്ടുണ്ട് ഞാൻ ആ കാര്യത്തെ പറ്റി ഓർമ്മിച്ചിട്ടില്ല ഇതിലും വലിയ മഴ പെയ്തിട്ടുണ്ട് ഇതിലും വലിയ മഴ പെയ്തിട്ടില്ല ഹോട്ടലിലും ഊണ് കഴിച്ചിട്ടുണ്ട് ഹോട്ടലിലും ഊണ് കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടില്ല അങ്ങനത്തെ ഒരു സ്വപ്നം ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു സ്വപ്നം ഞാനും കണ്ടിട്ടില്ല മോഡൽ ത്രീ എന്റെ കല്യാണത്തിന് അവർ വന്നിരുന്നു എന്റെ കല്യാണത്തിന് അവർ വന്നിരുന്നില്ല നൗ ഫോളോ ദോഡൽ മന്ത്രി പോയി കഴിഞ്ഞിരുന്നു മന്ത്രി പോയി കഴിഞ്ഞിരുന്നില്ല അദ്ദേഹം കള്ളു കുടിച്ചിരുന്നു അദ്ദേഹം കള്ളു കുടിച്ചിരുന്നില്ല കുരേടത്തിൽ പല നട്ടിരുന്നു പുരയിടത്തിൽ പല തൈകളും നട്ടിരുന്നില്ല അന്നും ഞങ്ങൾ എല്ലാ പച്ചക്കറിയും ഉപയോഗിച്ചിരുന്നു അന്നും ഞങ്ങൾ പച്ചക്കറിയും ഉപയോഗിച്ചിരുന്നില്ല മോഡൽ ഫോർ അന്നും അമ്മ മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു അന്നും അമ്മ മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നില്ല നൗ ഫോളോ മോഡൽ ആ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവൾ പകൽ സമയം മുഴുവൻ തനിയെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പകൽ സമയം മുഴുവൻ തനിയെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം എല്ലാവരോടും വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം എല്ലാവരോടും വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞു നിന്നെ മറന്നിരിക്കില്ല അവൾ അമ്മയെപ്പോലും ശല്യപ്പെടുത്തിയിരിക്കും അവൾ അമ്മയെപ്പോലും ശല്യപ്പെടുത്തിരിക്കില്ല കുട്ടികൾ അപ്പൂപ്പനെ കൊണ്ട് വേഷം കെട്ടിച്ചിരിക്കും കുട്ടികൾ അപ്പൂപ്പനെ കൊണ്ട് വേഷം കെട്ടിച്ചിരിക്കില്ല നമ്മുടെ വീട്ടിലെ കിണറ്റിലെ കയറിക്കും നമ്മുടെ വീട്ടിലെ കിണറ്റിലെ കയർ അറ്റിരിക്കില്ല അമ്മ മീനും ഇറച്ചിയും ഒക്കെ വറുത്തിരിക്കും അമ്മ മീനും ഇറച്ചിയും ഒക്കെ വറുത്തിരിക്കില്ല മോഡൽ സിക്സ് അവൻ ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവൻ ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ നൗ ഫോളോ ആ പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ രഘു സ്വപ്നസുന്ദരിയെ പറ്റി കവിത എഴുതിയിട്ടുണ്ട് ഘു സ്വപ്നസുന്ദരിയെ പറ്റി കവിത എഴുതിയിട്ടുണ്ടോ വയ്ക്കാൻ പോകുന്ന വീട്ടിന്റെ പ്ലാനൊക്കെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് വയ്ക്കാൻ പോകുന്ന വീട്ടിന്റെ പ്ലാനൊക്കെ അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടോ ം നൽകിയിട്ടുണ്ട് ഓഫീസുകാർ പഴയ സൂപ്രണ്ടിന് യാത്രയപ്പ് സൽക്കാരം നൽകിയിട്ടുണ്ടോ അദ്ദേഹം വരുന്നതിനെ പറ്റി ആരും അറിഞ്ഞിരുന്നില്ല അദ്ദേഹം വരുന്നതിനെ പറ്റി ആരും അറിഞ്ഞിരുന്നില്ലേ നൗ ഫോളത് മോഡൽ അവരുടെ തലമുടി ഒന്നുപോലും അവരുടെ തലമുടി ഒന്നുപോലും നരച്ചിരുന്നില്ലേ അവൾ ആരോടും ഉറക്ക സംസാരിച്ചിരുന്നില്ല അവൾ ആരോടും ഉറക്കെ സംസാരിച്ചിരുന്നില്ലേ പന്ത്രണ്ട് മണിക്ക് പോലും ചോറ് കെട്ടിവച്ചിരുന്നില്ല പന്ത്രണ്ട് മണിക്ക് പോലും ചോറ് കെട്ടി വച്ചിരുന്നില്ലേ പുളിശ്ശേരിക്ക് മുളക് എന്നും കൂടുതൽ ചേർത്തിരുന്നു ഡ്രിൽ മോഡൽ വൺ നിങ്ങൾ വിനോദയെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഉണ്ട് ഞങ്ങൾ വിനോദയെപ്പറ്റി കേട്ടിട്ടുണ്ട് ഇല്ല ഞങ്ങൾ വിനോദയെപ്പറ്റി കേട്ടിട്ടില്ല ആത്മകഥ നീ വായിച്ചിട്ടുണ്ടോ ആത്മകഥ ഞാൻ വായിച്ചിട്ടുണ്ട് ഇല്ല നെഹ്റുവിന്റെ ആത്മകഥ ഞാൻ വായിച്ചിട്ടില്ല കുട്ടിക്കാലം മുതൽ നിങ്ങൾ കവിത എഴുതാറുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ ഞാൻ കവിത എഴുതാറുണ്ടായിരുന്നു ഇല്ല കുട്ടിക്കാലം മുതൽ ഞാൻ കവിത എഴുതാറുണ്ടായിരുന്നില്ല നിങ്ങൾ എല്ലാ പരീക്ഷയിലും ഒന്നാം ക്ലാസിൽ ജയിച്ചിരുന്നു ഉണ്ട് എല്ലാ പരീക്ഷയിലും ഞാൻ ഒന്നാം ക്ലാസ്സിൽ ജയിച്ചിരുന്നു ഇല്ല എല്ലാ പരീക്ഷയിലും ഞാൻ ഒന്നാം ക്ലാസ്സിൽ ജയിച്ചിരുന്നില്ല നിങ്ങൾ കൂട്ടുകാരോട് പിണങ്ങാറുണ്ടായിരുന്നു ഉണ്ട് കുട്ടിക്കാലത്ത് ഞാൻ കൂട്ടുകാരോട് പിണങ്ങാറുണ്ടായിരുന്നു ഇല്ല കുട്ടിക്കാലത്ത് ഞാൻ കൂട്ടുകാരോട് പിണങ്ങാറുണ്ടായിരുന്നില്ല മോഡൽ ടു അവർ അവിടെയും വന്നിരുന്നില്ലേ വന്നിരുന്നു അവർ അവിടെയും വന്നിരുന്നു ഇല്ല അവർ അവിടെ വന്നിരുന്നില്ല ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല സ്കൂളിലെ പന്ത്കളി മത്സരങ്ങളിലൊന്നും നീ ചേർന്നിട്ടുണ്ടായിരുന്നില്ലേ ചേർന്നിട്ടുണ്ടായിരുന്നു കൂടുതലെ പന്തുകളി മത്സരങ്ങളിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു ഇല്ല സ്കൂളിലെ പന്ത് മത്സരങ്ങളിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങളെ അച്ഛനും അമ്മയും കൊഞ്ചിച്ചിരുന്നില്ലേ കൊഞ്ചിച്ചിരുന്നു അച്ഛനും അമ്മയും എന്നെ കൊഞ്ചിച്ചിരുന്നു ില്ല അച്ഛനും അമ്മയും എന്നെ കൊഞ്ചിച്ചിരുന്നില്ല